സത്യമായ പ്രാർത്ഥന അവന് മാത്രമുള്ളതാണ് അവനല്ലാത്തവരെ അവർ വിളിക്കുമ്പോൾ അവർക്ക് യാതൊരു പ്രതികരണവും ലഭിക്കില്ല വെള്ളം തൻറെ വായിലെത്താനായി കൈകൾ നീട്ടുന്നവരെ പോലെയാണത് എന്നാൽ അതൊരിക്കലും അവിടെ എത്തുകയില്ല സത്യനിഷേധികളുടെ പ്രാർത്ഥനകൾ വഴിപിഴച്ചവ മാത്രമാണ്